യേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ എൺപതാം സംവത്സരത്തിൽ ഇസ്രയേലിൽ ഷലോമോന്റെ വാഴ്ചയുടെ നാലാണ്ടിൽ രണ്ടാം മാസമായ സിയു മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി ഷലോമോൻ രാജാവ് യഹോബയ്ക്ക് പണിത്ത ആലയം അറുപതുമുഴം നീളവും ഇരുപതു മുഴം വീതിയും മുപ്പതുമുഴം ഉയരവും ഉള്ളതായിരുന്നു ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയ വീതിക്ക് ഒത്തവണ്ണം ഇരുപതുമുഴം നീളവും ആലയത്തിന്റെ മുൻവശത്ത് പത്തുമുഴം വീതിയും ഉള്ളതായിരുന്നു അവൻ ആലയത്തിന് ജാലം ഇണക്കിയ കിളിവാതിലുകളെയും ഉണ്ടാക്കി മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായി പുറവാരങ്ങളും പണുതു അവയിൽ ചുറ്റും അറകളും താഴത്തെ പുറവാരം അഞ്ചു നടുവിലത്തേത് ആറു മൂന്നാമത്തേത് ഏഴു വീതിയുള്ളതായിരുന്നു തുലാങ്ങൾ ആലയഭിത്തികളിൽ അകത്തു ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന്റെ ചുറ്റും പുറമെ ഗളം പണിതു വെട്ടുകുഴിയിൽ വെച്ചു തന്നെ കുറവു തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റുക മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു താഴത്തെ പുറവാരത്തിന്റെ വാതിൽ ആലയത്തിന്റെ വലത്തുഭാഗത്ത് ആയിരുന്നു ചുഴൽ കോവണിയിൽ കൂടെ നടുവിലെ പുറവാരത്തിലേക്കും നടുവിലത്തേതിൽ നിന്ന് മൂന്നാമത്തെ പുറവാരത്തിലേക്കും കയറാം അങ്ങനെ അവൻ ആലയം പണിത് തീർത്തു ദേവതാരുതുലാങ്ങളും ദേവതാരു പലകയും കൊണ്ട് ആലയത്തിന് മച്ചിട്ടു ആലയത്തിന്റെ ചുറ്റുമുള്ള തട്ടുകൾ അയ്യഞ്ചു മുഴങ് ഉയരത്തിൽ അവൻ പണിതു ദേവതാരു തുലാങ്ങൾ കൊണ്ട് ആലയത്തോട് ഇണച്ചു ശലോമൊന്ന യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ നീ എന്റെ ചട്ടങ്ങളെ ആചരിച്ച് എന്റെ വിധികളെ അനുസരിച്ച് എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടന്നാൽ ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്ത ിൽ നിവർത്തിക്കും ഞാൻ ഇസ്രയേൽ മക്കളുടെ മധ്യെ വസിക്കും എന്റെ ജനമായ ഇസ്രയേലിനെ ഉപേക്ഷിക്കേയില്ല അങ്ങനെ ഷെലോമോൻ ആലയം പണിത് തീർത്തു അവൻ ആലയത്തിന്റെ ചുവർ അകത്തെ വശം ദേവദാരു പലക കൊണ്ട് ഇങ്ങനെ അവർ ആലയത്തിന്റെ നിലം മുതൽ മച്ചുവരെ അകത്തെ വശം മരം കൊണ്ട് നിറച്ചു ആലയത്തിന്റെ നിലം സരളപ്പലക കൊണ്ട് തളമിട്ടു ആലയത്തിന്റെ പിൻവശം ഇരുപതുമുഴം നീളത്തിൽ നിലം മുതൽ ഉത്തരം വരെ ദേവദാരു പലക കൊണ്ട് പണിതു ഇങ്ങനെയാകുന്നു അന്തർമന്ദിരമായ അതിവിശുദ്ധ സ്ഥലത്തിന്റെ ഉൾവശം പണിതത് അന്തർമന്ദിരത്തിന്റെ മുൻഭാഗത്തുള്ള മന്ദിരമായ ആലയത്തിന് നാൽപ്പതു മുഴം നീളമുണ്ടായിരുന്നു ആലയത്തിന്റെ കത്തെ ചുവരിന്മേൽ ദേവതാരു കൊണ്ടുള്ള കുമിഴുകളും വിടറന്ന പുഷ്പങ്ങളും കൊത്തുപണിയായിരുന്നു എല്ലാം ദേവതാരു കൊണ്ടായിരുന്നു കല്ല ശേഷം കാണാനുണ്ടായിരുന്നില്ല ആലയത്തിന്റെ അകത്ത് യഹോവിയുടെ നിയമപ്പട്ടകം വെക്കേണ്ടതിന് അന്തർമന്ദിരം ചമച്ചു അന്തർമന്ദിരത്തിന്റെ അകം ഇരുപതു മുഴം നീളവും ഇരുപതു മുഴം വീതിയും ഇരുപതുമുഴം ഉയരവും ഉള്ളതായിരുന്നു അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞു ദേവതാരുമരം കൊണ്ടുള്ള ധൂപപീഠവും പൊതിഞ്ഞു ആലയത്തിന്റെ അകം ശലോമോൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു അന്തർമന്ദിരത്തിന്റെ മുൻവശത്ത് വിലങ്ങത്തിൽ പൊഞ്ചങ്ങല കൊളുത്തി അന്തർമന്ദിരം പൊന്നുകൊണ്ട് പൊതിഞ്ഞു അങ്ങനെയവൻ ആലയം ആസകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്തർമന്ദിരത്തിനുള്ള പീഠവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞും അന്തർമന്ദിരത്തിൽ അവൻ ഒലിയു മരം കൊണ്ട് പത്തുമുഴം ഉയരമുള്ള രണ്ട് കെരൂപുകളെയും ഉണ്ടാക്കി ഒരു കെരൂപന്റെ ഒരു ചിറക് അഞ്ചുമുഴം കെരൂപിന്റെ മറ്റ ചിറക് അഞ്ചുമുഴം ഇങ്ങനെ ഒരു ചിറകിന്റെ അറ്റം മുതൽ മറ്റു ചിറകിന്റെ അറ്റം വരെ പത്തുമുഴം മറ്റേ കെരൂപിനും പത്തുമുഴം കെരൂപ് രണ്ടിനും അളവും ആകൃതിയും ഒന്ന് തന്നെ ഒരു കരൂപിന്റെ ഉയരം പത്തുമുഴം മറ്റേ കെരൂപിനും അങ്ങനെ തന്നെ അന്തരാലയത്തിന്റെ നടുവിൽ നിർത്തി ചിറക് വിടർന്നിരുന്നു ഒന്നിന്റെ ചിറക് ഒരു ചുവരോടും മറ്റേതിന്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു ആലയത്തിന്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നോടൊന്ന് തൊട്ടിരുന്നു കെരൂപുകളെയും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ ചുവരുകളിലെല്ലാം ചുറ്റും കെരൂപ് ഈന്തപ്പന വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപം കൊത്തി അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവൻ അന്തർമന്ദിരത്തിന്റെ വാതിലിന് ഒലിയുമരം കൊണ്ട് കഥക് കുറുമ്പടിയും കട്ടളക്കാലും ചുവരിന്റെ അഞ്ചിൽ ഒരു അംശമായിരുന്നു ഒലിയുമരം കൊണ്ടുള്ള കഥക് രണ്ടിലും കെരൂപ ഈന്തപ്പന വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി പൊന്ന് പൊതിഞ്ഞു കെരൂപകളിലും ഈന്തപ്പനകളിലും പൊന്ന് പൊതിഞ്ഞു ഔവണ്ണം തന്നെ അവൻ മന്ദിരത്തിന്റെ വാതിലിനും ഒലിവുമരം കൊണ്ട് കട്ടള ഉണ്ടാക്കി അത് ചുവരിന്റെ നാലിൽ ഒരംശമായിരുന്നു അതിന്റെ കഥക് രണ്ടും സരളമരം കൊണ്ടായിരുന്നു ഒരു കഥകിന് രണ്ടു മടക്കുപാളിയും മറ്റേ കഥകിന് രണ്ടു മടക്കുപാളിയും അവൻ അവയിൽ കെരൂപ് ഈന്തപ്പന വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങളെ കൊത്തി രൂപങ്ങളുടെ മേൽ പൊന്ന് പൊതിഞ്ഞു അവനകത്തെ പ്രാകാരം ചെത്തിയ കല്ലുകൊണ്ട് മൂന്നുവരിയും ദേവതാരു കൊണ്ട് ഒരു വരിയുമായിട്ട് പണിതു നാലാം ആണ്ട് സീവുമാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിടുകയിൽ പതിനൊന്നാം ആണ്ട് എട്ടാം മാസമായ ഭൂൽ മാസത്തിൽ ആലയം അതിന്റെ സകല ഭാഗങ്ങളുമായി അതിന്റെ മാതൃകപ്രകാരമൊക്കെയും പണുതു തീർക്കുകയും ചെയ്തു അങ്ങനെ അവൻ ഏഴാണ്ടുകൊണ്ട് അത് പണുത് തീർത്തു